പഴശ്ശിരാജ നാടകം മഴശി രാജ എന്ന ഈ ചരിത്ര നാടകത്തിന്റെ രചനയും സംവിധാനവും കെ പത്മനാഭൻ നായർ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 ോഷം അമ്മേർക്കി നാടും തമ്പുരാനും പുൽപ്പള്ളിയിൽ കുറിച്ചായി കിടാങ്കൻ െയും നാട്ടാരെയും തമ്പുരാനെയും ജീവൻ കൊടുത്തുകാക്കും ശ്രീപോർക്കലിയിലെ നാടിനെയും ब्रिटिश आधिपत्य मुनपे മലബാറിലെ മുഴുവൻ രാജാക്കന്മാരും നാടുപാടികളും അടിയറവ് പറഞ്ഞപ്പോൾ അതിനെതിരെ പടവാൾ ഉയർത്തിയ കേരളവർമ്മ പഴശ്ശിരാജ നമ്മുടെ സ്വാതന്ത്ര്യ സമര വീരപുരുഷനാണ് സ്വന്തം ചോരയും മജ്ജയും കൊണ്ട് സ്വാതന്ത്ര്യസമരത്തിന്റെ അസ്ഥി വാരമുറപ്പിച്ച വീരദേശാഭിമാനി തന്റെ പടയാളികൾ ഓരോരുത്തരായി വയനാടൻ മലഞ്ചെരുവുകളിൽ മരിച്ചു വീണുകൊണ്ടിരിക്കെ അപ്രതിരോധമായ രക്ഷാസൈന്യം പോലെ പഴശ്ശിതമ്പുരാന്റെ നേതൃത്വത്തിൽ അവസാനം വരെ അടരാടിയ പുൽപ്പള്ളിയിലെ കുറിച്ചീരുടെ ഭഗവതി സന്നിധാനത്തിലുള്ള നേർച്ചയും ശപഥവുമാണ് ആരംഭത്തിൽ കേട്ടത് വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെ വണ്ടിക്കടവും കഴിഞ്ഞ് കർണാടക കാട്ടിലേക്കുള്ള വഴിയിൽ മാവിലാത്തോടും കണ്ണാരംപുഴയും സന്ധിക്കുന്നിടത്ത് ഒരു മാവിൻ ചുവട്ടിലെ ഗുഹയിൽ വെച്ചാണ് ആ മഹാപുരുഷൻ ജീവനൊടുക്കിയത് വിദേശമേധാവിത്വത്തിനെതിരായ വീരോചിതമായ സംഘടനത്തിന്റെ ധാരണമെങ്കിലും ഐതിഹാസികമായ ആ അന്ത്യഘട്ടം വയനാടൻ കാടുകളിൽ നീണ്ട പതിനൊന്ന് വർഷക്കാലം പടവെട്ടിയിട്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ആ വീരകേസരിയുടെ ആത്മാവ് മാത്രം വിദേശീയർക്ക് കിട്ടിയില്ല കടന്നുപോയ ചരിത്രത്തിലെ ഉജ്ജ്വലവും ത്യാഗസുരഭിലവുമായ ആ സർഗം രക്തലിപികളിൽ കുറിച്ചിട്ട ആത്മാവ് ഇന്നും മലബാറിന്റെ മലഞ്ചെരുവുകളിൽ ത്രസിക്കുന്നു ആ ധീരാത്മാവിന്റെ പാവനസ്മരണയ്ക്ക് ക്ഷിയ ക്ഷിത ആത്മാവ് രാജ്യം സ്വജനം ധർമ്മം എന്നിവയ്ക്ക് വേണ്ടി ചെയ്യുന്ന യുദ്ധം ധർമ്മയുദ്ധമാണ് മറ്റുള്ളവരുടെ രാജ്യം കൈക്കലാക്കുവാനുള്ള ആഗ്രഹം കൊണ്ടോ ദുഷ്ടനായ ഒരു സ്വാമിയുടെ ഹിതത്തിന് വേണ്ടി തന്റെ മനസാക്ഷി വിരുദ്ധമായ മറ്റോ ചെയ്യുന്ന യുദ്ധം അധർമ്മയുദ്ധവുമാണ് എന്താ എടച്ചേന കുങ്കന് ഇതിന്റെ സാരം എന്നാൽ കമ്പനിക്കാർ അയച്ച കുറിപ്പ് എന്തിനാ നശിപ്പിക്കാൻ ശ്രമിച്ചത് അവരെ കുങ്കന് അത്ര ഭയമാണോ ഭയമല്ല അതുകൊണ്ടായത് നശിപ്പിക്കാൻ പാടില്ല ശത്രുക്കളായാലും അവരെന്തു പറയുന്നു എന്നറിയേണ്ടതും ധർമ്മയുദ്ധത്തിന് ആവശ്യമാണ് തമ്പുരാനെ ആ കൊള്ളക്കാരുടെ ധിക്കാരം ഇനിയും പൊറപ്പിക്കരുത് എന്ന് അല്ലേ വേണ്ട ഞാനും കൂടി അറിയട്ടെ ആ ധിക്കാരം വായിക്കൂ വായിക്കാനല്ലേ പറഞ്ഞത് നിങ്ങളെയും നിങ്ങളുടെ അനുയായികളെയും പറ്റേ ഒടുക്കുന്നതുവരെ ള് നിങ്ങളാണ് ഒടുക്കുന്നത് കണ്ടോ അവന്റെ ഒരു ഓട്ടുക്കല് ഒടുക്കുന്നതുവരെ വായിക്കും മുഴുവനും കമ്പനിപ്പട വെറുതെ ഇരിക്കില്ല പലിശകള് കമ്പനിപ്പട വെറുതെ ഇരിക്കുന്നില്ലല്ലോ പിന്നെ എന്നെയും എന്റെ അനുയായികളെയും പറ്റേ ഒടുക്കും എന്ന് പറ്റേ വേണോ സ്വന്തം നാട്ടിൽ താമസിക്കുന്നവരെ കടലും താണ്ടി വന്ന പരിശകൽ പറ്റി ഒടുക്കും ചതിയും വഞ്ചനയും കൊണ്ട് നമ്മെ അടിമപ്പെടുത്തും എന്ന വിദേശികളുടെ അധിക്കാരം അവസാനിപ്പിച്ചു പറ്റു അടിയൻ തമ്പുരാൻ ക്ഷമിക്കണം എന്താ ക്ഷമിക്കാൻ ടിപ്പു വന്ന് ആക്രമിച്ചപ്പോൾ ഇംഗ്ലീഷുകാരെ സഹായിക്കരുതായിരുന്നു ശരിയാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റി രാജ്യം ഭരിക്കല്ല ഇവിടുത്തെ കറുത്ത പൊന്നായ കുരുമുളകും മലഞ്ചിരക്കളും മതിയെന്ന് പറഞ്ഞത് ഔദാര്യത്തിന്റെ പേരിൽ വിശ്വസിച്ചു പോയി ജയിപ്പിച്ചത് ഉണ്ണി തമ്പുരാൻ അവരുടെ വഞ്ചനക്ക് ഇന്നും കൂട്ടു നിൽക്കുകയാണെന്ന് അറിയിക്കുമ്പോൾ തമ്പുരാൻ ക്ഷമിക്കണം അനിയനായി പോയില്ലേ അവൻ അവകാശപ്പെട്ട സ്ഥലത്ത് ഒന്നും ഓടിക്കുന്നത് അധർമ്മമാവില്ലേ അതുകൊണ്ട് മാത്രം ക്ഷമിക്കുന്നു വീട്ടിനകത്ത് തന്നെ കള്ളനെ കുടിയിരുത്തിയാലോ കമ്പനിക്കാർക്ക് ഇന്നാട്ടിലും ഒരു താങ് ഉണ്ണി തമ്പുരാനാ എല്ലാം കത്തിച്ച് കഴിക്കോലെടുക്കാൻ ശ്രമിക്കുന്ന നീജൻ താമസാതെ അവനും മനസ്സിലാവും കടന്തൽ കൂട്ടില്ല കൈയിട്ടതെന്ന് ആ വഞ്ചകന്മാർ ഇവിടെ എത്തിയോ അവരാവില്ല തിരുമേനി തലക്കൽ ചുവിന്റെ നേതൃത്വത്തിൽ കുറിച്ചിപ്പഴ പുൽപ്പള്ളിയിൽ കാവനുണ്ട് ചന്തു ിൽ ചെന്ന് അല്ലെ ഓ കോമരം എന്താ അമ്മയുടെ അരുളപ്പാട് അമ്മ ദേവി പറയടാ എന്താ അരുളപ്പാട് അടിയങ്ങളുടെ നെഞ്ചി പൊരിയുന്നു മടിക്കാതെ പറയൂ പൊന്ന് തമ്പുരാൻ ആപത്ത് അതാണോ അമ്മ പറയുന്നതിന് മുൻപേ എനിക്കറിയാം പക്ഷേ ആപത്തെ അല്ല ഈ നാടിന് ആപത്ത് അടുത്തത് എന്റെ ശ്രീപൂർക്കെ പഴശ്ശിക്കാവിലമ്മേ തമ്പുരാനേയും നാടിനെയും രക്ഷിക്കണേ അമ്മേ കുറിച്ചേർക്ക് ജീവനുണ്ടെങ്കിലേ തമ്പുരനെള്ളു പിന്നെന്താ ഈ പരിഭ്രമം യും ചണ്ടോ ഉദരപ്പുറത്ത് വന്നതാരാ അവര് കാര്യം ഏറെ തകരാ പടവരുന്നെങ്കിൽ അതല്ല ഇവിടെ ഉണ്ട് വേണ്ട പോലെ കൈകാര്യം പക്ഷേ കടുത്ത വഞ്ചന വഞ്ചന അല്ലെ അവ നികുതി കുടുംബാടന് അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് കാട്ടുനായ്ക്കൽ സ്വന്തം മണ്ണിന്റെ നികുതി അയൽ ഈ അപമാനം ഒരിക്കലും സഹിച്ചുകൂടാ ഉടമ്പടി കരിവേപ്പിനെ പോലെ കാറ്റിൽപറപ്പിക്കോ മണ്ണികട്ട വർഗം പറയൂ എല്ലാവരോടും ആരും ഒരു ചില്ലിക്കാശ് നികുതി കൊടുത്തു പോകരുതെന്ന് ആരാണത് പിരിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം ഞാൻ തന്നെ നാട്ടുകാരോട് ഈ നികുതി നിഷേധത്തെ പറ്റി പറയും ഓഹോ അവന്റെ കെട്ടിനമ്മ കുറമ്പുരനാട് കൊട്ടാരത്തിൽ നിന്നാണല്ലോ അല്ലേ ശരിയാക്ക് പകരം ചോദിക്കണം ഞാൻ നേരിട്ട് ബാബു ചോദിക്കും വേണ്ട പകരം ചോദിക്കലും നികുതി കൊടുക്കാതിരിക്കലും ഒക്കെ അടിയങ്ങൾ നോക്കിക്കൊള്ളാം ഈ തല പുറത്ത് കാണാനാണ് ആ ചെന്നാക്കൾ കാത്തിരിക്കുന്നത് സാമ്രാജ്യ സാർവഭനായ പ്രിതീഷ് ചക്രവർത്തിയുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരന്മാരുടെയും പ്രതിനിധി പണവെട്ടിപ്പിടിച്ച മലനാടിന്റെ ഭരണാധികാരി ഓരോ മലനാട് പൌരനെയും അറിയിക്കുന്നതാവിധ കമ്പനിപ്പടയ്ക്കെതിരായി കാറയേറി ഒളിപ്പോൽ നടത്തുന്നവനും രാജ്യദ്രോഹിയുമായ കേരളവർമ്മ പഴശ്ശിരാജ എന്ന കോട്ടയം രാജാവിന്റെ തലയ്ക്ക് ഇതിനാലായിരം വരാഹിനെ യും പഴശ്ശിപ്പടത്തലവനുമായ കൈതേറി വീട്ടിൽ അമ്പു ഒന്നവന്റെ തലയ്ക്ക് അഞ്ഞൂറ് പേരാകം ഇതിനാൽ പ്രതിബല നിശ്ചയിക്കുന്നു പതിനഞ്ച് നാളുകൾക്ക് രാജ്യദ്രോഹിയായ പഴശ്ശിരാജാവുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാത്ത പക്ഷം അദ്ദേഹത്തിന്റെ അനുയായികളെയും മിത്രങ്ങളെയും എല്ലാം കമ്പനി ശത്രുക്കളായി കരുതുന്നതും അവരുടെ എല്ലാ സ്ഥാപന ജംഗമ ടാ സാധു ഇടാ ഈ നാടിനെ ഒച്ചു കൊടുക്കുന്ന വഞ്ചകൻ പോയി നിന്റെ സായിപ്പിനോട് പറ കൊന്നു നമ്പ്രാന്റെയും കൈതേരി തല ൻ കാറ്റുടുക്കാൻ പറയണ പോയി പറയണ ചണ്ടികല കാൽനത്തിയാണെങ്കിലും ഈ നാട്ടുകാരനായി പോയില്ലേ അതുകൊണ്ട് കൊല്ലുന്നില്ല മണ്ണ് വാടിഞ്ഞടാ ചതിക്കില്ല എഴുക്ക എഴുന്നേക്കള എന്നിട്ട് ഇവരെ ഇവിടെ എല്ലാം മാപ്പ് പറ ഞാനല്ല ആ ഉണ്ണിത്തമ്മി എന്നൊക്കെ ഉണ്ട് ഈ പെരുപടിയിൽ ഇത്തവണ അമ്മാവൻ കുടുങ്ങിയത് ഒരൊറ്റയാളും കോട്ടയത്തിന് നികുതി കൊടുക്കരുതെന്ന് നീ പെരുമ്പറകോട്ടി അറിയിച്ചില്ലേ വയനാടിന്റെ നീതി എല്ലാം ഇനി കുറുമ്പ്രാടി അതായത് അവിടത്തേക്ക് ഉണ്ണിത്തമ്പുരാണല്ലോ അങ്ങനെയല്ലേ ഞാൻ കുറുമ്പാട്ടിനെ അമ്മാവനെതിരായി ഇംഗ്ലീഷുകാരുടെ ഭാഗത്താക്കിയത് ശരിക്കും അവിടെ നെല്ലോ ഇപ്പം കോട്ടയം വല്യതമ്പുരാൻ ഞാനാവും എന്നിട്ട് വേണം രരപ്പ അടിയൻ നാട്ടുകാരൊക്കെ നമ്മൾ പറഞ്ഞത് അനുസരിക്കോ ഉണ്ണിത്തമ്പുരാൻ സംശയിക്കുന്ന വല്യതമ്പുരാൻ ആവുന്ന ആളെ അനുസരിക്കാത്തവരെ കൊണ്ട് കമഴ്ന്നു കിടന്ന് മണ്ണ് തിന്നിപ്പിക്കണം മണ്ണ് തിന്നാനോ അതെന്താടാ നമ്മുടെ നാടിന്റെ മണ്ണ് അടിയൻ തിന്നു എന്താ മണ്ണ് വയനാടൻ മണ്ണ് നമ്മുടെ മണ്ണ് അടിയനെ കൊണ്ടത് തിന്നിപ്പിച്ചു ആര് ആ എടച്ചേന കുങ്ങന്നായോ ചതിച്ചോ തമ്പുരനെ അടിയനെ പേടിക്കാതെ എന്തോ ഒരു നിഴൽ മറഞ്ഞ പോലെ ആപത്താ കൈതേറി അമ്പു അമ്പിയായിട്ട് ആരെങ്കിലും കണ്ടാല് കുറമ്പറ നാടിന് കൊടുക്കണമെന്നും ആരും വലിയ ഒമ്പുരാനെ ഒന്നും കൊടുക്കരുതെന്നും പെരുമ്പറ ഓട്ടി അടിയം വിളിച്ചു പറഞ്ഞപ്പോ ആ തമ്പുരാനെ ഇവിടെ നിക്കണ്ട കാട്ടിനുള്ളിലേക്ക് കയറി ആ തേക്കും കൂട്ടത്തില് മറഞ്ഞു നിൽക്കു പറഞ്ഞപ്പോ എന്നെ അവര് പിടിച്ചോണ്ടുപോയി എന്നിട്ട് ഉണ്ണിത്തമ്പുരാന്റെ പേര് പറഞ്ഞപ്പം കുൻ തമ്പിയാർ പേടിച്ചു എണ്ണ വിത്തേച്ച് ഓടിക്കളഞ്ഞു അപ്പോ അവർക്കെന്നെ പേടിയുണ്ട് പേടി ഇംഗ്ലീഷുകാരെയല്ല ഉണ്ണി തമ്പുരാനാ മെടുക്കനാ നീ അങ്ങനെ വരൂ നോക്കിക്കോ പകിട പന്ത്രണ്ടിൽ തന്നെ വീഴും വീണു കഴിഞ്ഞില്ലേ തമ്പുരാനെ അങ്ങോട്ട് നടന്നെ ഇവിടെ ഇനി കൈതേറി അമ്പുതമ്പിയാരല്ല വിചാരിച്ചാലും പൊടി തൊടാൻ പറ്റിയില്ല കണ്ണൻ ഇവിടെ വരാന്നല്ലേ പറഞ്ഞത് എത്ര നേരമായി കണ്ണൻ പറഞ്ഞു വരും ദേവൻ സാഹിബ് കുടത്തേച്ച വരാഹമൊക്കെ വാങ്ങിയിട്ട് നൂറ് ജാക്ക് കുരുമുളക് ചുരം കിടത്തി തലശ്ശേരിക്കോട്ടെത്തിക്കാൻ ഇത്രയും ദിവസവും സൂക്ഷിക്കേണ്ട കാലമല്ലേ തമ്പുരാനെ ഇപ്പൊ എത്തിച്ചിരിക്കും കണ്ണൻ അതാ കണ്ണൻ മ്പുരാൻ ഞങ്ങൾ വെറുതെ പഴശ്ശി തമ്പുരാന്റെ പള്ളുപാടാൻ പടിഞ്ഞാറമ്പ നശിക്കാൻ പോകുന്നു ആ രൂപം അണങ്ങുന്നു പഴശ്ശി തമ്പുരാൻ ജയിക്കട്ടെ പഴശ്ശി തമ്പുരാൻ ജയിക്കട്ടെ അങ്ങനെ മറിഞ്ഞിരുന്നോ ഉണ്ണിത്തമ്പുര നിക്കുമ്പോ പേടിക്കണ്ട എണീറ്റോ ഞമ്മന്റെ രണ്ട് ചെമ്പുകാശ് വീണ് പോയത് തപ്പി നോക്കിയതാ എന്താ അത്രേ ഉള്ളു രണ്ടു ചെമ്പുകാശിന് വികരം ഇതാ രണ്ട് വെള്ളിക്കാശ് എണീക്ക് തരുവല്ലോ ഇല്ലേ ഉണ്ണിത്തമ്പുരാ വാക്ക് മാറൂല എന്നാ തരീൻ അയ്യോ ഉണ്ണിമോത്ത അന്ന് തെക്കേ കച്ചവടക്കാരെ തന്നെ പേടിക്കണ്ട പഹയാ ഞമ്മള് നിങ്ങന്റെ ആളാ ഞമ്മന്റെ ബാബർ സാഹിബ് പറഞ്ഞ് നൂറിയാക്ക് കുരുമുളക് തരാന്ന് ഇതുവരെ കണ്ടില്ലാന്നേ ബാല വയനാടെ ചേത്തമാരും പിടിച്ചോ എന്റെ പടച്ചോനെ അപ്പോ രേരപ്പ കണ്ണൻ തൊലച്ച ഏത് കണ്ണനും കിണ്ണനും ഹാലിന്റെ അവിലും ആ തലക്കല ചന്തവും കുറിച്ചും ചൊരത്തിൽ കാത്തിരിക്കുന്നു ഞമ്മളറിഞ്ഞു ആ വിഷയം അറിയിക്കാനാ ഞമ്മളിങ്ങി വന്നത് ഏത് ഉണ്ണിമൂത്ത ഒന്ന് ശ്രമിക്കണമല്ലോ തലക്കെ ചന്തവും കുങ്ങന്നായരും വല്ല കുന്ത്രാണ്ടും ഉണ്ണിമൂത്ത വിചാരിച്ച അതൊക്കെ കുന്ത്രാണ്ടങ്ങളൊക്കെ ഞമ്മളങ് ഒതുക്കിക്കോളാന്നെ നിങ്ങളിപ്പോ ഒരു ഇസ്കാ ഇല്ല ഞമ്മക്ക് ആ ബൈന്ന് പറഞ്ഞു തന്ന ഏത് ചൊരാന്നറിഞ്ഞാലല്ലേ ഞമ്മക്ക് പറയാലോ കർണാടക കാടിന്റെ ചരുവിലുള്ള എലഞ്ഞി കോജരാജാവായ തമ്പുരാനെ ആടയോ അത് വല്യ ഘട്ടങ്ങാറുള്ള വയ്യാണല്ല ആ ശരി എനി നിങ്ങൾ വിഷമിക്കേണ്ട നൂറ് ജാക്ക കുരുമുളക് ഞമ്മൾ തലശ്ശേരിയിൽ എത്തിക്കാം സമാധാനമായി പഴശ്ശിക്കാവിലമ്മ രക്ഷിച്ചു തന്നെ ആ അമ്മ നാട്ടിനേക്കാക്കുന്ന കൂട്ടിക്കോളി ഏത് ആ എന്നാ ഞമ്മൾ വരാം പിന്നെ ഒരു കാര്യം ഈ കാട്ടിൽ നിൽക്കണ്ട അപകടം പിടിച്ച കാലാണ് ഉണ്ണിമൂത്തോട് പറഞ്ഞാലോ വല്യ ഒമ്പരാനി വയനാട്ടിൽ എവിടെ ഇരിക്കുന്നു ബേബർ സാഹിപ്പിനെ അറിയണമെന്നുണ്ട് അക്കാര്യം അറിഞ്ഞാല് നൂറുചാക്ക് ഗുരുമുളകു കൂടി ഉണ്ണിമൂത്തായി അല്ലോ അതൊരു സിംഹ ആ കൂട്ടില് കൈയിട്ടേ ഞമ്മന്റെ തടി അലാക്കാവും ഞമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം വിവരം കിട്ടിയാല് ചെറിയ കുലത്തേക്ക് അറിയിക്കാം ഏറ്റോ ഇന്നയില്ലാന്ന് മറ്റൊരു നൂറ് ചാക്ക കുരുമുളക് കൊടുക്കാമെന്ന് ഏറ്റവും ഞാൻ ഉറച്ചു അമ്മാവനോട് നേരിട്ട് പറയും ഇതൊന്നും വേണ്ട വല്യാന് സഹായിക്കുന്നത് പടത്തലവൻ കൈതേരി വിട്ടിട്ടു വേണ്ടേ കൂലത്തേക്കില്ലെങ്കിലും അമ്മ അവൻ കൈതേരിയില് ചില വരാറുണ്ടല്ലോ അത് നേരാ അമ്പുതമ്പിയാരുടെ മരുമകള് കൈതേരി മാക്കുവായി വല്യമ്പുരാന് ചുറ്റം ഉണ്ടല്ലോ പക്ഷേട ഇങ്ങ് കടക്കാറില്ലല്ലോ വരും അവർ തമ്മിലുള്ള ബന്ധം അത്രയ്ക്കുണ്ടെന്ന് എനിക്കറിയാം കൈതേറിലേക്കുള്ള വരവൊക്കെ രാത്രിയില്ല ൂക്ക നിറച്ചു വെക്കുന്നത് ഇന്ന് കൈതപ്പൂവുമുണ്ടോ ഇത് രാധ തന്റെ സഖിയോട് പരിഭവം പറഞ്ഞ പോലെയാണല്ലോ ആ കൈതപ്പൂവുണ്ട് നല്ല വാസന രാധാകൃഷ്ണന്മാരുടെ സങ്കല്പം ആലോചനാമൃതമാണ് എന്നാൽ ആ യമുനാ തീരത്തിലെ ഒരു മണൽത്തരിയാവാനുള്ള ഭാഗ്യം പോലും ഇല്ലാത്ത നിർഭാഗ്യവതിയല്ലേ ഞാൻ കൈതേറി ഭവനത്തിന്റെ ഈ അകത്തളം പലതവണ യമുനാ തടമോ വൃന്ദാവനമോ ഒക്കെയായി മാറിയിരുന്ന കാലം അത്ര പെട്ടെന്ന് മറക്കാമോ രാധയായ കൈതേറിമാക്കത്തിന് തമ്പുരാൻ കൃഷ്ണനാണെന്ന സങ്കല്പം തന്നെയാണ് എനിക്കും എന്നാൽ രാധ എവിടെ കൃഷ്ണന് കൈതപ്പു ഇഷ്ടമാണോ ഇതേ വിരകവേദന തന്നെയാണ് ജയദേവകവി ഗീതാഗോവിന്ദത്തിൽ രാധ സഖിയോട് പറയുന്ന രീതി സൂചിപ്പിച്ചത് അതേപോലെ കൈതേറി മാക്കത്തിന്റെ വിരഹ ദുഃഖം സഖി മാധുവിന് പൊന്നുതമ്പുരാനെ അറിയിക്കാൻ പറ്റില്ല അല്ലേ അതാ പറഞ്ഞത് ഞാൻ ഭാഗ്യം ചെയ്തവളല്ലൊണ്ടു പറയിച്ചപ്പോൾ ഇവിടെ തമ്പുരാൻ എന്ന കവി അത് സ്വയം അറിയിക്കുന്നു എന്താ നീ കടങ്കിൽ ഇത്തിരി എത്ര രാത്രികളായി തളികയിലെ മുല്ലപ്പൂക്കൾ വാടുകയും നിലവിളക്കിലെ നിറതിരികൾ പടിതിരി കത്തുകയും ചെയ്യുന്നു ഇന്ന് കൈതപ്പൂ ഉണ്ട് മുല്ലപ്പൂകൾക്ക് ആ അശൌകുനം പറയലേ പടിതിരി കത്തുകയല്ല ോ ഈ മലനാട്ടിൽ ഇംഗ്ലീഷുകാരും പിന്നെ ഈ വിരഹത്തിൽ ഇത്ര വേദനിക്കുന്നു എന്റെ വിധി ഓർത്ത് വിധി നിർണയിക്കുന്ന ഒരു മഹായജ്ഞത്തിൽ ഓരോ നിമിഷവും കഴിയുന്ന തമ്പുരാന് ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് കൈതേറി വീട്ടിലെത്താൻ അത്ര എളുപ്പമാണോ ഒരിക്കലും ഞാൻ പൊന്ന തമ്പുരാനോട് പരിഭവിക്കില്ലോ എനിക്കാ സത്യം അറിയായി അല്ല മാധു നാടിന്റെ സംരക്ഷണത്തിന് തിരുമേനിയോടൊപ്പം നിന്ന് വാളെടുക്കാൻ മറ്റാരേക്കാളും ആഗ്രഹം എനിക്കാണ് അതിനും സാധിക്കുന്നില്ല വരച്ച വരയിൽ നിൽക്കാൻ അമ്മാവൻ പറയുന്നു അവർ കടരാടാൻ കഴിയാത്തപ്പോൾ പെണ്ണുങ്ങൾ പടവാൾ ഉയർത്തിയാൽ മതിയെന്ന നീ എന്താ ചിരിച്ചത് യുദ്ധം ചെയ്തതായി ജയദേവൻ പാടിയിട്ടില്ല നിനക്കെന്തേ ഇന്ന് പ്രത്യേകിച്ച് രാധ കൃഷ്ണൻ ജയദേവൻ എന്നൊക്കെയുള്ള ഒരു സങ്കല്പം എനിക്ക് കവിതയോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു കവിതക്കാരി നിന്റെ ഒരു കവിത ധികം മുല്ലപ്പൂക്കളും നിലവിളക്കി നിറതിരിയും കളഭക്കൂടും ഒക്കെ ഒരുക്കിയത് എന്തിനാണെന്നാ വിചാരിച്ചത് രാധാകൃഷ്ണന്മാരെ പൂജിക്കാനോ പറയട്ടെ പറയൂ കവിതയെയും കവിതയോ അതെ അതെടുക്കാനാ ഞാൻ പോകാൻ അപ്പോഴല്ലേ എണ്ണ എടുക്കാൻ എന്നല്ലേ പറഞ്ഞത് ഒരർത്ഥത്തിൽ അത് വികാരം തിരി നീട്ടുന്ന നെയ് തന്നെ കൊണ്ടുവരാ എനിക്ക് എന്ത് തരും നിന്റെ കവിത ഇവിടെ കവിത രചിച്ചത് ജയദേവൻ കൃഷ്ണൻ തന്നെ ഇതാ ഈ ഓല വായിച്ചു നോക്കൂ ആരെ പടവാൾ ഓങ്ങുന്ന കൈ എഴുത്താണി കൊണ്ട് കവിതയും രചിക്കുന്നു എന്തൊരു ധൃതി ജാതാനുഗംപാധവ ശരണമയെന്താ നിർത്തിയത് വായിക്കൂന്നാണം കണ്ടില്ലേ എന്തു അല്ലേ ഇപ്പോ സാക്ഷാരാധ തന്നെ മ്പുരാന്റെ ഒളിഞ്ഞിരി പോരാടുമ്പോഴും തെന്നിവല്ലോ ഇല്ലേ മനസ്സിലായോ തമ്പുരാന്റെ ഹൃദയം നിറയെ മാക്കമാണെന്ന് വികാരം നാടിനോടും വികാരം നീ അതൊന്ന് വായിക്കൂ അയ്യോ ആ വാതിൽ ചാരിയൊക്കെ ആരെങ്കിലും കേട്ടാൽ എന്താ കേട്ടാൽ ഞാൻ നീട്ടിച്ചൊല്ല കേൾക്കുന്നവർ കേൾക്കട്ടെ എന്താ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ മുഖത്ത് യമുനാ തീരമല്ല വൃന്ദാവനം തന്നെ ഈ ശ്ലോകം വായിച്ചാണ് അണിയൂ ഇതാ ഓ അണീക്കണമായിരിക്കും ആ ആഗ്രഹം കൊണ്ടല്ലേ ഈ ഓല മറ്റാരും കാണാതെ ഒരാൾ എനിക്ക് എത്തിച്ചു തന്നത് ഇത് തിരുമനസ് കൊണ്ട് രചിച്ചതാണെന്ന് വിശ്വസിക്കാൻ തന്നെ വിഷമം തോന്നുന്നുണ്ടോ പറഞ്ഞേക്കാം വയനാടൻ കാട്ടിൽ ഒളിപ്പോ എഴുതി ഇവിടെ എത്തിച്ചു തന്നതിൽ അവിടുത്തെ പല രചനകളിലും ആനന്ദിച്ചവളല്ലേ ഞാൻ എന്തോ ആപൽശങ്ക എന്നെ രാവും പകലും അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെയോ ദുസ്വപ്നം കണ്ടു ഇന്ന് സന്ധ്യക്ക് വിളക്ക് കൊളുത്തിയപ്പോൾ അത് പെട്ടെന്നണഞ്ഞു എന്റെ പഴശ്ശിക്കാവിലമ്മേ തിരുമനസിനെയും പഴശ്ശിപ്പടയെയും കാത്തു രക്ഷിക്കണേ മാധു നീ എന്താ മുഖം കറുപ്പിച്ച് തിരിഞ്ഞിരിക്കുന്നത് നല്ലൊരു കാര്യത്തിനടയ്ക്ക് ഏറ്റവും ആനന്ദിക്കേണ്ട സന്ദർഭത്തിൽ നീ എന്തൊക്കെയോ പറഞ്ഞു വേദനിക്കുന്നു എനിക്കിത് കാണാൻ ശക്തിയില്ല ഞാൻ പോകുന്നു പോകരുത് മാധു എന്റെ മനോദൌർബല്യമാണ് തെറ്റിദ്ധരിക്കരുത് ആ നീ അതൊന്നുകൂടി ചൊല്ലു ചൊല്ല മുഖത്ത് പ്രസാദം വരട്ടെ ഒന്നിച്ചിരിക്കൂന്നുകൂടി അങ്ങനെ ഇതാ ഈ കൈതപ്പു കബരിയിൽ ഇപ്പൊ വേണ്ട നീ ചൊല്ലിക്കഴിഞ്ഞിട്ട് ശരി പരിഭവിച്ച് നിർത്തിയത് ഏഹ് വാതുക്കൾ നോക്കാനോ ഏ ആ തമ്പുരാൻ തമ്പുരാൻ എന്ത പെണ്ണി തമ്പുരാനേ തമ്പുരാൻ ദേ പോമീനേ കാടുകളിലും ചുരങ്ങലിലും അടിയൻ എന്തൊക്കെയാ മാക്കം ഈ മരിലോണ തലചായിച്ചട്ട് എത്ര ദിവസമായി തലചായിക്കുമ്പോൾ ഹൃദയത്തിലെ മന്ത്രം മാക്കം എന്നായിരുന്നില്ലേ മാക്കം എന്നല്ല പഴشي എന്ന ആ നാടിന്റെ മന്ത്രം മല്ലികേ കൂപ്പുകൈതേ കൈതേ കൈതേരി മാക്കം കൈതേരി മാധു അവൾ ഇന്ന് കൈതപ്പൂവും മുല്ലപ്പൂവിനോടൊപ്പം കൊണ്ടുവന്നത് മാക്കം അണിയിക്കേണ്ടത് അന്ന് തിരുനെല്ലിക്കാട്ടിൽ നിന്നും കുങ്കനും ചന്തവും പോലും അറിയാതെ അയ്യോ തിരുനെല്ലിക്കാട്ടിലോ ഭയങ്കരം അമ്മാവൻ വരുന്നത് അമ്പു അറിയില്ല അമ്പു കർണാടകാട്ടിലേക്ക് പോയി കമ്പനിക്കായി കാണാതെ കടത്തുന്ന കുരുമുളക് തടയാൻ എന്തുന്ന കയ്യിൽ പോവ് പടവാൾ നാടിനെ നശിപ്പിക്കാൻ എത്തുന്ന വിദേശികൾക്കെതിരെ മനസ്സിനിയുടെ മ്ലാനത നമുക്ക് ഈ ദുർഗതി വരുത്തിയല്ലോ ശ്രീപൂർക്കലി ഭഗവതി അതിൽ അഭിമാനിക്കല്ലേ വേണ്ടത് ഒരു ക്ഷത്രിയന് ധർമ്മമായ യുദ്ധത്തെക്കാൾ ശ്രേയസകരമായി വേറെ എന്തുണ്ട് ഇവിടെ മാത്രമല്ലോ യുദ്ധത്തിൽ ഒന്നടങ്കം അങ്ങനെ ഒരു യോഗ്യതയാണോ തമ്പുരാനെ ആയിരിക്കാം ദുർമോഹികൾക്കും അധികാര കുര്യന്മാർക്കും നന്മ ആഗ്രഹിക്കുന്നവർക്ക് എന്നും കെടുതിയും ആഗ്രഹങ്ങൾ യാചിക്കുവാനല്ല ആഗ്രഹങ്ങളിൽ നിന്നും വനാന്തരങ്ങളിലായാലും അങ്ങയോടൊപ്പം അതേസമയം നാടിനോടുള്ള സ്നേഹമാ സ്നേഹമായിരിക്കും ആ വസ്തുവാണ് എനിക്ക് കൂടുതൽ എന്നാൽ ഇന്നെന്റെ പടവാൾ പിടിക്കുന്ന കൈ കൈതപ്പൂവിനെ സ്പർശിക്കാതെ അറച്ചു നിൽക്കുന്നത് അല്ല നാടുവാഴുന്ന തമ്പുരാൻ ഇതിനു മുമ്പ് നീ എന്നെ കൈതേരിൽ കണ്ടിട്ടില്ലേ കേട്ടിരുന്നു ഇപ്പോൾ നേരിൽ കണ്ടു എന്ത് യുദ്ധം പെണ്ണിന്റെ കാൽത്തിൽ എന്ന് പരമദ്രോഹി നാട്ടാരൊക്കെ നികുതി കുറുമ്പാണിന് കൊടുക്കണമെന്ന് കൊട്ടിപ്പാടിച്ച നീ കള്ളമായി കുരുമുളക് ചുരം കടുത്തി ഇംഗ്ലീഷുകാർക്ക് എത്തിച്ചു കൊടുക്കുന്ന നീ തലപെട്ടാത്തത് ഭഗവതിയുടെ കരണം കൊണ്ടാണെന്ന് കരുതിക്കോ എന്തും ചെയ്യുന്ന അധികാരിക്ക് തലപെട്ടാ പക്ഷേ തലപെട്ടൽ ഒരു നായർ പെണ്ണിന്റെ തളത്തിൽ വെച്ചാവണ്ട എന്ന് മാത്രം നീ രാജ്യദ്രോഹിയാണ് അല്ല നികുതി മറ്റൊരു നാടിന് കൊടുക്കാമെന്ന് പറഞ്ഞത് വിവേകം അസത്തേ സത്ത് യും നീ കുരുമുളക് കള്ളമായി കടത്തി വിദേശികളുടെ കാലിനൊക്കെയല്ലേ നാടിനെ രക്ഷിക്കാൻ വിദേശികൾക്ക് സ്വാതന്ത്ര്യം അടിയിളവേണ്ട കാര്യം പറയാനാ ഞാൻ വന്നത് എന്ത് ഇംഗ്ലീഷ് കമ്പനിക്കാർക്ക് പരമാധികാരം നൽകി നാടിനെ സ്വന്തം മണ്ണന്യധീനപ്പെടുത്താൻ ശ്രമിക്കുന്ന നടന്നതൊക്കെ മറന്നേക്ക് ഇനിയെങ്കിലും സ്വന്തം നാടിനെ സ്നേഹിക്കാൻ പഠിക്കൂ ഇല്ലെങ്കിൽ ഇനി അധികകാലം നിന്നെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് വെറുപ്പാണ് നിന്നോട് നാട്ടുകാർക്ക് ഉണ്ണി ഞാൻ പറയുന്ന അനുസരിക്കൂ നിനക്ക് വല്യതമ്പരൻ പതിവ് വേണമെങ്കിൽ ഞാൻ ഒഴിയാം അതിനുവേണ്ടി വിദേശിയുടെ കാലു പിടിച്ച് നാടിനെ ഒറ്റ കൊടുക്കരുത് ഞാൻ യുദ്ധം നയിച്ചോളാം നീ ഭരിച്ചോളു ഒരു കരാറിൽ എന്ത് കമ്പനിയോട് യുദ്ധം ചെയ്യരുത് എടാ എന്തു പറഞ്ഞു ഏ ചോ ഓ ശത്രുക്കളെ വിളിച്ചു വരുത്താനായിരുന്നു അല്ലേ പരമദ്രോഹി നിന്നെ ഇവിടെ വെച്ച് ഞാൻ അത് ചെയ്യുന്നില്ല നിന്റെ ആ കമ്പനി പുഴുക്കൾക്ക് എന്റെ രോമം കൂടി കിട്ടില്ലെന്ന് പറഞ്ഞേക്ക് കൈതേറി അമ്പു നിന്നെ കൈകാര്യം ചെയ്യട്ടെ ഞാൻ ചെയ്യുന്നില്ല ആ നേരെ അനീനായി പോയില്ലേ പോയോ എങ്ങോട്ട് അകത്തേക്ക് പോയില്ലല്ലോ ശേടാ ഇതെന്തൊരു മറിവായം മ്പുരാൻ പറയാൻ എന്താണാവോ എവിടെ കണ്ടാലേ കഴിയുന്നുണ്ടോ അതെ കാണണം എന്തിനാ അത് ദാസിയോട് പറയാനുള്ളതല്ല എന്നാ ഇതാ വരുന്നുണ്ട് നേരിൽ പറയാം നാടിനെയും ഏട്ടൻ തമ്പുരാനെയും വഞ്ചിച്ച് നടക്കുന്ന വഞ്ചകൻ ഇത് കണ്ടോ കണ്ടു കൈതേറി അമ്പുവിന്റെ മരുമകളാ ഓർമ്മയിരിക്കട്ടെ അമ്മുവിൻ്റെ മരുമകളും ഏട്ടൻ തമ്പുരാ അതെ എന്തു വേണം പോകുന്നോ അല്ലെ തിരുനെല്ലിക്കാട്ടിൽ തെണ്ടുന്നവ ഇന്നത്തെ കണ്ടോളാ അയ്യോ ഒളിഞ്ഞു നിന്ന് ആ കീചകൻ തമ്പുരാന്റെ ഒളിസ്ഥലം കേട്ടു എന്ന് തോന്നുന്നു നീചൻ നിന്നോഹി മാത്രമല്ല രാജ്യദ്രോഹി കൊട്ടി അടയ്ക്കൂ വാതില്ല പരമ വഞ്ചകന്റെ എന്റെ സ്ത്രീ പോർക്കലി ഭഗവതി പൊന്നത്തമ്പുരാൻ ഈ ദ്രോഹികളിൽ നിന്നും കാത്തിരക്ഷിക്കണേ വാതിലടിച്ച് വിളിച്ചിരുന്നോ കമ്പരിപ്പട വീണ്ടും പുൽപ്പള്ളിയിലേക്ക് എവിടെയാണെന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു ചതിവാണ് ഇല്ല ഇവർ പുൽപ്പള്ളിയിലേക്ക് വരില്ലായിരുന്നു ഇനി പറഞ്ഞിട്ടെന്താ ചുരം ഇറങ്ങാൻ അവരെ സമ്മതിച്ചു വണ്ടിക്കടവും കഴിഞ്ഞ് കർണാടക കാട്ടിലേക്കുള്ള വഴി കുറിച്ചടയണം വേഗം വേഗമാകട്ടെ അപ്പോൾ തുമ്പുരാ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം പോരാതെ കൈലേലി അമ്പുതമ്പി ആരുടെ നായർപ്പട അവിടെ ഉരുങ്ങി നിൽപ്പുട്ടെ വേഗമാകട്ടെ പോ മ്പുരാൻ തന്നെ ജയിച്ചു കാറാൽപ്പട കമ്പനി പറയെ പിന്തല്ലുന്നു അതെ ജനം കയറി വിളക്കുകയാണ് വെള്ളപ്പറ നമ്മൾ ജയിച്ചു നമ്മൾ ജയിച്ചു ആ പെട്ടികൾ മല കയറി മറന്നുരാൻ ജയിച്ചു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 ക്ഷേത്രത്തിലെ ഉത്സവം തമ്പുരാൻ അല്ലേ പല പ്രധാന പതിനൊന്ന് വർഷങ്ങളായി പൊന്നു തിരുമേനി ഈ ധർമ്മയുദ്ധത്തിൽപ്പെട്ട് കാട്ടിലും ചുരങ്ങളിലുമായി കഴിയുന്നു നാലഞ്ചുസവങ്ങളായി തമ്പുരാൻ തിരുനടയിൽ തൊഴുതിട്ട് ഇത്ര കാലമായിട്ടും കടലിലാട്ടി വന്ന വിദേശീയർക്ക് നാട് കൈക്കലാക്കാനോ തമ്പുരാനെ തോൽപ്പിക്കാനോ കഴിഞ്ഞില്ലല്ലോ അതേക്കാളും വലിയ ഉത്സവം വേറെയുണ്ട് അന്ന് ആ കവിതയുമായി വന്നതിന് ശേഷം തമ്പുരാൻ പെരുമയേറെ യുദ്ധത്തിൽ ജയിച്ചു വെള്ളക്കാർ തോറ്റോടിയ സത്യം മാക്കത്തിന്റെ അമ്മാവൻ തന്നെ പറഞ്ഞല്ലോ അതിനുശേഷം ആ ഉണ്ണിത്തമ്പുരാൻ എന്ന ദ്രോഹി ഇവിടെ എങ്ങും കാണുന്നില്ല വല്ല ഗൂഢാലോചനയിലും എനിക്കും ആ ഭയമുണ്ട് ആകെ മനസ്സിലൊരു പിടയൽ ഭഗവതി നല്ലത് വരുത്തു പൂജ തുറന്നു ഇവിടെ പൂജ തുറന്നു പുൽപ്പള്ളിയിലോ പറയുന്നത് ശരിയായിരിക്കോ നമ്മൾ ഇച്ചിരി പൊന്ന് ആ പാഹ്യൻ രായപ്പൻ നമ്പ്യാർക്ക് കൊടുത്തപ്പോ എന്തൊക്കെയോ വിഷയങ്ങള് തലശ്ശേരിക്കോട്ട് നടക്കുന്നുണ്ട് അറിഞ്ഞു ആ നൂറ് ചാക്ക കുരുമുളക് കർണാടക കാട്ടിലൂടെ കടത്താൻ ശ്രമിച്ചപ്പോ അവരുടെ ആളാന്ന് പറഞ്ഞ് ഉണ്ണിമൂത്തേയും ഉണ്ണിത്തമ്പുരാനെയും ഈ രായരപ്പനെയും പറ്റിച്ചില്ലേ നാട് നിൽക്കണമെങ്കിൽ ജാതിയും മതവും ഒക്കെ മറന്ന് നിൽക്കണം എന്റെ ശക്തി അതാണ് ഉണ്ണിമൂത്ത ചെയ്യുന്ന സഹായം ഇനി ഒരിക്കലും മറക്കില്ല നാട്ടിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാം ഒന്നല്ലേ തമ്പുരാനെ കുറിച്ചരായാലും ഞമ്മളായാലും നായന്മാരായാലും എല്ലാ ഒന്ന് തമ്പുരാന്റെ കൂടെ അന്നത്തെ ആ പടയ്ക്ക് ശേഷം ഉണ്ണിമൂത്തേ ഇതാ കാട്ടിക്കുളത്തിനിപ്പുറം ഓളിയേറ്റു ഈ ഗുഹ ആ പൊന്നു തമ്പുരാൻ്റെ കൊട്ടാരം എനിക്കിത് കൊട്ടാരത്തെക്കാൾ ഹൃദ്യമാണ് സാധാരണക്കാരായ എൻ്റെ നാട്ടുകാരുടെ മധ്യത്തിൽ കഴിയുക അതിൽപരം ഒരാഹ്ലാദമുണ്ടോ എന്നാലും എന്റെ പടച്ചോനെ നിങ്ങൾ എങ്ങനെ ഇതൊരു പുരയാക്കിയെടുത്തത് തലയ്ക്കൽ ചന്തവും കുറിച്ചിലും കൂടി കരിമ്പാറ കീറി മേലെപ്പുര ഉണ്ടാക്കി ആ ഇതിനൊരു പഴുതുണ്ടെന്ന് ഞങ്ങക്കേ അറിയൂ തന്നെ ഈടെയാങ്ങാൻ ആ ചെറുത്താൻമാർ വന്നാൽ തീനു ചുറ്റും പാർന്ന് ഈ ആമ്പാറ്റ കരിഞ്ഞു പോകുന്നേ ഏത് അന്നത്തെ പോലെ അവറ്റ് ഒരിക്കൽ കൂടി ഇവിടെ പുൽപ്പള്ളിയിൽ കടന്നിരുന്നെങ്കില് അവസാന കൈ നോക്കായിരുന്നു ആ പന്നിയൾ കോഴിച്ചത് കിട്ടില്ലെന്നേ പടച്ചോം വെച്ചതേ വരൂന്ന് കൂട്ടിക്കോളി അത് തലക്കെ ചന്തമായിരിക്കുന്നല്ലോ അപായ സൂചന കുങ്ക പോയി നോക്കൂ അതെ നല്ല കുഴപ്പവും ആയോ കാലം എന്റെ ശ്രീ പോർക്കലി അതെന്തോന്നമ്പുരാനെ ഇപ്പോ ഒരു വെളി മണ്ഡലക്കാലം പ്രത്യേക പൂജ ആ ഉണ്ണിമൂത്ത് ഒരു നിമിഷം ഞാൻ ഈ വിഗ്രഹത്തില് പൂച്ചു വിടട്ടെ അമ്മേ ശ്രീ അപ്പോ തമ്പുരാൻ ഈ ഗുഹയിലും ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റില്ലല്ലോ അപ്പോ ഞാൻ ഈ വിഗ്രഹം ഇവിടെ വെച്ച് ദിവസവും പൂജിക്കും വലിയ കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ ഉണ്ണിത്തമ്പുരാൻ അമുക്ക് സ്ഥലം പറഞ്ഞു കൊടുത്തതായിരിക്കും ആ ഞമ്മള് നേരത്തെ പറഞ്ഞില്ലേ ആ കാര്യം ഉണ്ണിമൂത്തേ കൈതേരിയിലെ ദാസി മാധു തമ്പുരാൻ എടുത്തുള്ള ഒരു ഓലയിൽ ഈ സ്ഥലം കുറിച്ച് ഉണ്ണിത്തമ്പുരാൻ കൊടുത്തുന്ന് തമ്പുരാന്റെ ഒരു കവിത ഒരു ഭാഗത്ത് ആ ആ മാധു പൊന്നും പണവും വാങ്ങി വഞ്ചിച്ചു എവിടെ കൈതേറി അമ്പു അമ്പു നമ്പിയാല് അമ്പു പറയൂ പറയാൻ അമ്പു നമ്പിയാര് അവരുടെ വെടി ഏറ്റു വീണു എന്നാലിനു പുൽപ്പള്ളിയിലേക്ക് അപ്പൊ തമ്പുലന്റെ പടവാൾ പാടില്ല മണ്ഡലക്കാലത്ത് ഞാൻ ആയുധം ഉപയോഗിക്കില്ല വാളും കുന്ത ഒന്നും ഇനി എനിക്ക് വേണ്ട തരുമോ തമ്പുരാൻ പുറത്തിറങ്ങരുത് എനിക്കൊന്ന് തമ്പുരാൻ ഇപ്പൊ ഇവിടെ ഇരിക്കും ഞമ്മളെ കൂട്ടര് അങ്ങ് തിരുനെല്ലിയിലുണ്ട് ഞമ്മള് പോയി ഇപ്പൊ വരാം അമ്പുവിനെ കൊല്ലം കഴിഞ്ഞ ശത്രുക്കൾ മുന്നേറാതിരിക്കില്ല കുങ്കനും തലയ്ക്കൽ ചന്തുവിനും ഉണ്ണിമൊത്തയ്ക്കും അവരെ ആ ചെന്നൈക്കലെ തടഞ്ഞിലെത്താനാവില്ല എന്റെ ശ്രീഹോർക്കലി ഇതാണോ അവിടുത്തെ വിധി അവരുടെ മുന്നേറ്റം പരസ്യപ്പട പിന്മാറുന്ന വിളി അമ്മ എന്റെ പടനായകനും നാട്ടാരും പടപുരുതി വീരചരമ അടയുമ്പോൾ ഞാൻ ഈ ഗുഹയിൽ ഒളിഞ്ഞിരിക്കോ വയ്യ പുറത്തിറങ്ങിയാൽ വിദേശിയോടെ വെടികൊണ്ടേറ്റ് മരിക്കും അല്ലെങ്കിൽ അവരുടെ തടവുകാരൻ ആയുധമെടുക്കാൻ വയ്യാത്ത ഈ മുഹൂർത്തത്തിൽ തന്നെ ആ വഞ്ചകർ വിദേശിയുടെ പീരങ്കി അല്ലെങ്കിൽ തൂക്കുമരം എന്റെ ശ്രീ പോർക്കലി ഇനി വഴി ഇനി വഴിയേ ഉള്ളൂ വേറെ വഴിയില്ലേ മാത്രം മറ്റു വഴിയില്ലേ വേറെ വഴിയില്ലേ ഇല്ല ശത്രുന്ന് രക്ഷപ്പെടാൻ എന്നാൽ എന്നാൽ അത് തന്നെ നടക്കട്ടെ അമേ ഈ വിഗ്രഹം ഇതിന് സാക്ഷി നിന്റെ ഇംഗിതം ഇതാണെങ്കിൽ അങ്ങനെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ ഒരു ജീവൻ കൂടി അർപ്പിക്കപ്പെടട്ടെ ഈ കേരളവർമ്മയെ പോലെ അനേകായിരം പോരാളികൾ ഈ മലനാടിന്റെ ഭാരതത്തിന്റെ മണ്ണിൽ ഉയരുമെന്ന് എന്റെ മൃതദേഹം കണ്ട് വഞ്ചകരായ വിദേശ പരീക്ഷകൾ മനസ്സിലാക്കട്ടെ എന്റെ രക്തം പുരളുന്ന ഈ നാടൻ മണ്ണിൽ സ്വാതന്ത്ര്യം പുലരുമെന്ന് സത്യവും നീതിയും വിജയിക്കുമെന്ന് വിദേശ സാമ്രാജ്യം മനസ്സിലാക്കട്ടെ ജനം കയ്യിലെ ഈ വൈര്യമോതിരം ശത്രുക്കൾ നിന്നും എന്നെ രക്ഷപ്പെടുത്തുന്നു വാൾ ഞാൻ ഉയർത്തുകയില്ല കൊണ്ട് എന്റെ അന്തിത്തിനുള്ള വൈരം അടർത്തി അത് പ്രതഭംഗമായില്ല അമ്മീ ശ്രീ മാ കടൽ താണ്ടി വന്ന ആ കാട്ടാളന്മാർ ജീവനോടെ ദേഹം തുടരുത് നിന്റെ കാറിടികളിൽ എന്റെ ഈ കറുത്ത ഞാൻ അഭയം തേടുന്നു എന്റെ ഉദരത്തിൽ പ്രവേശിക്കുന്ന വൈരത്തിന്റെ തിളക്കം ഭാവി തലമുറകളുടെ ഹൃദയങ്ങളിൽ ഒടുങ്ങാത്ത സ്വാതന്ത്ര്യതൃഷ്ണയുടെ തീനാളം ജ്ലിപ്പിക്കട്ടെ എന്നും എന്നും ി ധ്രുവ മൃത്യുധ്രുവം ജന്മമൃതയോദ്ധേ ത് ശോചിത്ഹസി ജയ ഹി ധ്രുവോ മൃത്യുധ്രുവം ജന്മമൃതയ ഴശ്ശിരാജ നാടകം സമാപിക്കുന്നു രജനിയും സംവിധാനവും കെ പത്മനാഭൻ നായർ സംവിധാന സഹായവും ആഖ്യാനവും എ പ്രഭാകരൻ കഥാപാത്രങ്ങളും അഭിനേതാക്കളും പഴശ്ശിരാജ എസ് സന്തോഷ്കുമാർ കായംകുളം കുങ്കൻ കെ എ അസീസ് ഉണ്ണിത്തമ്പുരൻ പി തങ്കച്ചൻ രയരപ്പൻ പി സി സോമൻ തലയ്ക്കൽ ചന്തു സുരേന്ദ്രനാഥ് ഉണ്ണിമൂത്ത കണ്ണൂർ ജനാർദ്ദനൻ കോമരം വി ദിവാകരൻ നായർ കൈതേരിമാക്കം സി ആർ ആനന്ദവല്ലി മാധു ടി ആർ ഓമന സംഗീതം എം ജി രാധാകൃഷ്ണൻ വീണാ വാദനം ആർ വെങ്കിട്ടരാമൻ പുല്ലാങ്കുഴൽ കെ എസ് ഗോപാലകൃഷ്ണൻ നിർവഹണം മള്ളൂർ രാമകൃഷ്ണൻ